പറയുക നിങ്ങളുടെ മേൽ നിന്നോ നിങ്ങളുടെ പാദങ്ങൾ കിഴേ നിന്നോ ഒരു ശിക്ഷ അയയ്ക്കുവാനും അല്ലെങ്കിൽ നിങ്ങളെ പല വിഭാഗങ്ങളായി വിഭജിച്ച് നിങ്ങളിൽ ചിലർക്ക് ചിലരുടെ ക്രൂരത അനുഭവപ്പെടുത്തുവാനും കഴിവുള്ളവൻ അവനാകുന്നു ഞാൻ എങ്ങനെയാണ് ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നത് എന്ന് നോക്കൂ അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണത്